എബ്രായർ കെ വി ലേഖനം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ വരിക എബ്രായർ കെ വി ലേഖനം അതിൻ്റെ അധ്യായത്തിൽ നമ്മുടെ കഴിഞ്ഞ പല കാര്യങ്ങളെ ചിന്തിച്ചല്ലോ നമ്മൾ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം എബ്രാ പതിമൂന്നിൻ്റെ പതിനേഴ് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗ്രിച്ചിരിക്കുന്നു ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുകയും അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല ഇവിടെ നമ്മൾ പതിനേഴാമത്തെ വാക്യത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത് നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വാഭാവികമായിട്ട് മനുഷ്യന് താല്പര്യമില്ലാത്ത ഒരു കാര്യമുണ്ട് എന്താ മനുഷ്യൻ മനുഷ്യൻ അവൻ വളരെ ഇൻഡിപ്പെൻഡൻ്റാണ് അവൻ വളരെ സ്വതന്ത്രമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും കീഴടങ്ങുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എന്നാൽ ക്രിസ്തീയതയിലേക്ക് വരുമ്പോൾ അവിടെ കീഴടക്കത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ആർക്ക് കീഴടങ്ങണം ഒരാൾ ഒരാൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അയാളോ ആദ്യം അയാൾ അഭികരിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്താ ദൈവത്തിന് കീഴടങ്ങണം തുടക്കം അതല്ലേ എല്ലാ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും തുടക്കം അതുവരെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവൻ വരുന്നു അവൻ വരുമ്പോൾ ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു എനിക്കായി മരിച്ചടക്കപ്പെട്ട കർത്താവിനായിട്ട് ഞാൻ സമ്പൂർണ്ണമായിട്ട് ജീവിക്കും കർത്താവിൻ്റെ ദാസനായി ഞാൻ ഇനി മുതല ആയിരിക്കും കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസൻ ആ പ്രയോഗം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പലരും മനസ്സിലാക്കത്തില്ല കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസന് അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വിലയൊരു ദാസൻ അതിശ്രേഷ്ഠാസൻ ദാസൻ െന്ന് പറയുമ്പോ തന്നെ അതിൻ്റെ അകത്ത് പിന്നെ എന്താതിശ്രേഷ്ഠതയും അതിൻ്റെ അകത്ത് വിലയോഗ്യവുമൊക്കെ ഉള്ളത് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും കർത്താവിൻ്റെ ദാസൻ ആവുക ദാസിയാവുക അവിടെ അതിൻ്റെ ഒരാൾ മറ്റൊരാളുടെ ദാസനോ ദാസിയോ ആകണമെങ്കിൽ എന്ത് വേണം ഒന്നാമത് കീഴടങ്ങുന്നത് കീഴടങ്ങുക കീഴടങ്ങുന്നിടത്താണ് അതിൻ്റെ തുടക്കം അപ്പോൾ നോക്കുക കർത്താവിന് കീഴടങ്ങണം കർത്താവിന് ഞാൻ കീഴടങ്ങി എന്ന് പറഞ്ഞ് ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അയാൾ അയാളെ തന്നെ ചതിക്കാതിരിക്കാൻ വേണ്ടി അയാൾ ചില കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് കൊള്ളാം ഞാൻ ദൈവത്തിന് കീഴടങ്ങി പക്ഷെ ദൈവത്തെ എന്തില്ല ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ല ദൈവത്തെ കാണാൻ കഴിയില്ല ദൈവം ദൈവത്തിന് കീഴടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ തന്നെ ശരിക്കും ഞാൻ ദൈവത്തിന് കീഴടങ്ങിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് എവിടെ അമൂർത്തമായ ഒരു ദൈവം ആ ദൈവത്തിന് ഞാൻ കീഴടങ്ങി എന്ന് വിചാരിക്കുന്നു അപ്പം തന്നെ ചിലപ്പോൾ കീഴടങ്ങിയിട്ടുണ്ടാവുകയില്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒന്ന് പോവുകയായിരിക്കും ചില അച്ചടക്കങ്ങളൊക്കെ വന്നിരിക്കും പണ്ട് മദ്യപിക്കുന്ന ആളിപ്പം മദ്യപിക്കുന്നില്ല പണ്ട് ഞായറാഴ്ച വേറെ ഓരോ പരിപാടിക്ക് പോകുന്ന ആളിപ്പോൾ എന്ത് ചെയ്യുന്നു ഞായറാഴ്ച മീറ്റിങ്ങിന് വന്നിരിക്കുന്നു ഇതൊക്കെ ശരിയാണ് പ്ര പുറമെ ചില അച്ചടക്കങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ദൈവത്തിന് യഥാർത്ഥത്തിൽ കീഴടങ്ങിയിട്ടുണ്ടോ കീഴടങ്ങിയെന്ന് നമ്മളങ്ങ് ചിന്തിക്കുന്നു പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പം അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാൻ കഴിയും ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ ചെയ്യും ആക്കിവെക്കപ്പെട്ട അധികാരങ്ങൾക്ക് കീഴടങ്ങും ലേഖനം ആ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഫൈലോസ് ഈ കാര്യം പറയുന്നുണ്ട് റോമർ പതിമൂന്ന് പതിമൂന്ന് ഏത് മനുഷ്യനും അതിന്റെ ഒന്നാമത്തെ വാക്യമാണ് ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താൽ ഒരു അധികാരവും ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ കണ്ടോ ഇവിടെ എന്താ പൗലോസ് പറഞ്ഞു വരുന്നത് പൗലോസ പറയുന്നത് ദൈവത്തിന് കീഴടങ്ങി എന്നത് നമ്മൾ ചിന്തിക്കുന്നെങ്കിലും അങ്ങനെയുള്ള ഒരാൾ എന്ത് വേണം അയാള് ദൈവത്താൽ ആക്കി വെക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴടങ്ങണം ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോടെ ശിക്ഷാവിധി പ്രാപിക്കും താഴോട്ട മുന്നേ പോവുകയാണെങ്കിൽ െ എന്താ ഇവിടെ പറയുന്നത് ഇവിടെ പോലീസ് പറയുന്നത് ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല നമ്മള് ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് എവിടെയും അധികാരത്തെ കാണാൻ ഒരു കുടുംബത്തിൽ ഒരു സഹോദരി ആയിരിക്കും അവളെന്ത് വേണം അവള് അവിടെ അധികാരമുണ്ട് എന്താ അവളുടെ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാരമാണ് ഒരു കുഞ്ഞ് ഒരു വീട്ടിലായിരിക്കും ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഒരു അധികാരത്തിനും കീഴടങ്ങാതെ അങ്ങ് നടക്കാൻ ഒക്കുകയില്ല എന്തുണ്ട് അവൻ്റെ മാതാപിതാക്കൾ ഒരധികാരമാണ് ഒരധികാരമാണ് ഈ അധികാരങ്ങൾ ആരാൽ വെക്കപ്പെട്ടിരിക്കുന്നു നമ്മളിവിടെ വായിച്ചത് ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ല അതുകൊണ്ട് ഈ നിലവിലുള്ള ഈ നിലയിലുള്ള അധികാരങ്ങളോട് ആക്കി വെക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങളോട് മറക്കുന്നവൻ ആരോടാണ് മറുക്കുന്നത് ദൈവത്തോടാണ് മറുക്കുന്നത് അപ്പോൾ അതിൻ്റെ മറുവശം ചിന്തിച്ചാലും ദൈവത്തിന് കീഴടങ്ങിയ ഒരുവൻ എന്തോ വേണം ഈ അതോറിറ്റി അതോറിറ്റി എന്നുള്ള പ്രയോഗമാണല്ലോ അതോറിറ്റി അധികാരം അതോറിറ്റി ഏറ്റവും വലിയ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ദൈവമാണ് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ താഴെ എന്തുണ്ട് ഡെപ്യൂട്ടി അതോറിറ്റീസ് ഒന്ന് ഡെപ്യൂട്ടി അതോറിറ്റീസ് ഉണ്ട് നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിലധികാരങ്ങളുണ്ട് നമ്മൾ റോഡിലിറങ്ങിയാൽ അവിടെ ഒരു അധികാരം ഉണ്ടാര പോലീസുകാരൻ അവിടുത്തെ അധികാരം അതുകൊണ്ട് പോലീസുകാരെ കൈ കാണിച്ചാൽ നമ്മളെന്താ വേണം ഞാൻ കർത്താവിൻ്റെ വലിയ വലിയ ഞാൻ താ പോന്നു എന്ന് പറഞ്ഞ് വണ്ടി വിട്ടും പോന്നാൽ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് കൈ കാണിച്ചാൽ അയ്യോ അത് ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ട ഒരു അധികാരമാണ് ഈ അധികാരത്തിന് ഞാൻ കീഴടങ്ങുന്നില്ലെങ്കിൽ ആർക്ക് കീഴടങ്ങുന്നില്ല ദൈവത്തിന് കീഴടങ്ങുന്നില്ല സർക്കാർ ചിലപ്പം ചിലപ്പം അനീതി എന്ന് പറയാം നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും ഇന്നതിന്റെ കരം കൊടുക്ക് ഇന്നതിന് നികുതി കൊടുക്ക് എന്നൊക്കെ പറയും നമ്മൾ വിചാരിക്കും ആ അതെന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ശരിയാ ചിലത് ഈ ലോകത്തിലെ ചില ആക്കി വെക്കപ്പെട്ടിട്ടുള്ള ഡെപ്യൂട്ടി അതോറിറ്റീസ് ചിലപ്പ അന്യായമായിട്ട് ചിലത് ആവശ്യപ്പെട്ടതിരിക്കും എങ്കിലും അവരെ ആക്കി വച്ചിരിക്കുന്നത് ആരാണ് ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ അതിന് കീഴടങ്ങണം ഈ കാര്യങ്ങളാണ് ഈ പതിമൂന്നാധ്യായം നിങ്ങൾ താഴോട്ട് വായിച്ച് നോക്കുക വീട്ടിൽ ചെന്ന് അവിടെ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ വീട്ടിലെ അധികാരമുണ്ട് റോഡിലിറങ്ങിയ അധികാരമുണ്ട് ഒരു ഓഫീസിൽ ചെന്ന് നമ്മുടെ ഒരു അധികാരമുണ്ട് കഴിഞ്ഞ ഒരു ദിവസം ഒരു ഒരാളെ കാണാൻ പോയൊരു കാര്യം പറയുക അതിൻ്റെ ആ ആള് പറയുക നിങ്ങളോട് ആര് പറഞ്ഞു ഇപ്പോൾ ഇവിടെ കയറി വരാൻ കയറി വരാം ശരിയല്ലേ അദ്ദേഹത്തെ കാണാൻ ചെന്നു അദ്ദേഹം വിളിക്കാതെ നമ്മൾ കയറി ചെല്ലാൻ പാടില്ല കാര്യം അവിടുത്തെ അതോറിറ്റി ആരാ അദ്ദേഹം അദ്ദേഹം നമ്മളെവിടെയും ഈ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മളെവിടെയും അധികാരങ്ങളെ കാണും അധികാരത്തോട് മറക്കുന്നവൻ ഡൽഹി വ്യവസ്ഥയോട് മറുക്കും അപ്പം നമ്മൾ വിചാരിക്കും വിടാം ഇങ്ങനെ അധികാരങ്ങൾക്കെല്ലാം കീഴടങ്ങി പോയാൽ നമ്മുടെ കാര്യം ഈ കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന പോലെ കട്ടപ്പോവുകയാണ് എന്നൊക്കെ വിചാരിക്കില്ലേ എന്നുവെച്ചാൽ നമ്മുടെ കാര്യം എവിടെ അവിടെ അധികാരമുണ്ട് ഇവിടെ അധികാരമുണ്ട് പോലീസുകാരുടെ അധികാരം നമുക്ക് എന്ന് എന്താ വേണ്ടത് നമ്മൾ ഈ ഒരു കാര്യം ദൈവമുണ്ടെന്നും ദൈവം ഇതാക്കി വെച്ചേക്കുന്നു ദൈവം ചിലപ്പോൾ എന്തോ ചെയ്യും ഈ അധികാരങ്ങൾ ഒരു പരിധി കവിഞ്ഞു പോയാൽ ദൈവം തന്നെ എന്തോ ചെയ്യും ഈ അധികാരങ്ങളെ മാറ്റും മാറ്റും അല്ലാതെ നമ്മുടെ ദൈവം അനുവദിക്കാതെ നമ്മളെ ഈ അധികാരങ്ങളെല്ലാം കൂടെ നമ്മളെ അതിനെ ഞെലിക്കളയുകയില്ല ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാവും അപ്പോൾ നമ്മൾ പറഞ്ഞത് വീട്ടിലധികാരമുണ്ട് പുറത്ത് റോഡിലധികാരമുണ്ട് ഓഫീസിലധികാരമുണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളിലധികാരങ്ങളുണ്ട് അധികാരങ്ങൾക്ക് ലോകം മറക്കരുത് ദൈവസഭയിലും എന്തുണ്ട് ദൈവസഭയിലും അധികാരമുണ്ട് ഈ കാര്യമാണല്ലോ നമ്മളിവിടെ ചിന്തിക്കുന്നത് പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി കീഴടങ്ങിയിരിക്കുക ആ നമ്മളെ റോവർ പതിമൂന്നില് നമ്മൾ വായിച്ചു ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല ആ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഏതാമത്തെ വാക്യം കണ്ടോ എല്ലാവർക്കും കടമായുള്ളത് കൊടുത്തി നികുതി നികുതി കൊടുക്കേണ്ടവന് നികുതി ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം ഭയം കാണിക്കേണ്ടവന് പയം മാനം കാണിക്കേണ്ടവന് മാനം പലരും പലതാ ആവശ്യപ്പെടുന്നത് നികുതിയാണ് ചിലരാവശ്യപ്പെടുന്നത് അവന് നികുതി ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം പയം പയം കാണിക്കേണ്ടവന് പയം മാനം കാണിക്കേണ്ടവന് മാനം കണ്ടോയെ ഈ ഒരു ബോധ്യം ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പായിരിക്കണം അപ്പം നമുക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് കീഴടങ്ങിയോ ഇല്ലോ എന്നുള്ളത് നമുക്ക് ഈ നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ജീവിത ബന്ധാവിൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും എങ്ങനെയാണ് മനസ്സിലാക്കാൻ ഡെപ്യൂട്ടി അതോറിറ്റീസിന് കീഴടങ്ങുന്നുണ്ടോ അടങ്ങുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നുണ്ട് ദൈവത്തിന് കീഴടങ്ങുന്നുണ്ട് അതേസമയം നിലവിലുള്ള ഈ പറഞ്ഞ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ട അധികാരങ്ങൾ ഒന്നും കീഴടങ്ങുന്നില്ല ഞാൻ ദൈവത്തിന് മാത്രമാണ് കീഴടങ്ങിയത് എന്നൊരാൾ പറഞ്ഞാൽ എന്താ അതിൻ്റെ അകത്ത് എന്തോ ഒരു കുഴപ്പം ഉണ്ട് അതുകൊണ്ടാണ് ദൈവ സഭ എന്നൊരു കാര്യം വെച്ചേക്കുന്നത് ദൈവത്തിന് കീഴടങ്ങിയ ഒരാൾ എന്തോ വേണം ഞാൻ ദൈവത്തിന് കീഴടങ്ങി സമ്മതിച്ചു എന്ന് പറഞ്ഞ് പുസ്തകം എടുത്തുകൊണ്ട് ഓരോരുത്തടത്തോട്ട് പോകാനായിട്ടല്ല പറഞ്ഞേക്കുന്നു മറിച്ച് എന്തോ വേണം അവനൊരു പ്രാദേശിക സഭയിൽ അവനവിടെ തൻ്റെ ഇടം കണ്ടെത്തണം കണ്ടെത്തുമ്പം പ്രാദേശിക സഭയിൽ ഇരിക്കുന്നത് എളുപ്പമുള്ള പണിയാണോ എളുപ്പമല്ല അവിടെ നമ്മളൊന്ന് കാലുമൊക്കെ നൂത്തൊന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു സൗകര്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളിട്ട് വന്ന് പാടാം ഓ ഉള്ളിട്ട് വന്ന് പാടി ഇനി കുറച്ചേക്കൊന്ന് ഇരിക്കാം ഇങ്ങനെയാണെന്നൊക്കെ പറയാം നമുക്കൊരു താന്ത്രിയില്ലേ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക വിളിച്ചത് പറയുക ഇത് പറയുക ഏ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളതുകൊണ്ട് നമ്മൾ വളരെ ഇൻഡിപ്പെൻ്റ എൻ്റെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യേല ഒരു പ്രാദേശിക സഭയ്ക്ക് കീഴടങ്ങി നിൽക്കുകയല്ല നമ്മുടെ ഇന്നത്തെ ക്രിസ്ത്യാനിക ഓണപ്പം തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ അവരോട് ചോദിക്കുക നിങ്ങളെവിടാ ഓ ഞാനങ്ങനെ ഇല്ല ഞാനങ്ങനെ ഒരു സ്വതന്ത്ര വേലയാണ് സ്വതന്ത്ര വേലയാണ് എന്ന് വെച്ചാൽ എന്തോ സ്വതന്ത്ര വേലുവെച്ചാൽ ഒരു ഞായറാഴ്ച അവിടെ താണെങ്കിൽ അടുത്ത ഞായറാഴ്ച വേറൊടുത്താൽ തന്നെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നിടത്തൊക്കെ പോയി പ്രസംഗിക്കുക ആർക്കെ കീഴടങ്ങ ഇവിടെയുള്ള ഒരു തകരാറുണ്ട് തകരാറുണ്ട് നമ്മളൊരു പ്രാദേശികമായ ഒരു സഭയില് ആയിരിക്കുന്നു അവിടെയുള്ള അധികാരങ്ങൾക്ക് കീഴടങ്ങും നമ്മൾ നമുക്ക് മടങ്ങി വരാം നമുക്ക് പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കീഴടക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു കീഴടക്കം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു സബ്ജക്റ്റാണ് ദൈവിക കാര്യങ്ങളിലേക്ക് അടുത്ത് വരുമ്പോൾ കീഴടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാമത് നമ്മൾ കീഴടങ്ങേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിനാണ് മത്ത ഏഴ് സുശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ മറ്റേ ഏഴു സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം നമ്മളെ ബൈബിളിൽ സ്റ്റഡി ആകുമ്പോൾ നമ്മൾ വാക്യങ്ങളൊക്കെ എടുത്ത് ഉച്ചത്തിൽ വായിക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു മുപ്പത്തി ഏഴാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം യേശോവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ന്യപ്രമാണത്തിൽ ഗുരു ന്യപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്നെ ചോദിച്ചു യേശോവനോട് ഒന്നാമത് പറയുന്നത് എന്താ നിൻ്റെ ദൈവമായ കർത്താവിനെ എൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ എന്തുണ്ട് സ്നേഹത്തിൽ കീഴടക്കമുണ്ട് സ്നേഹത്തിൽ കീഴടക്കമുണ്ട് അതാണ് ഒന്നാമത് വേണ്ടത് ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ഭയപ്പെടണം ദൈവത്തിന് കീഴടങ്ങണം ദൈവത്തിന് കീഴടങ്ങുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒന്ന് പറഞ്ഞ് ദൈവം എന്ന് പറയുന്നത് കാണാവുന്ന പൊടാവുന്ന ഒന്നല്ല പലപ്പോഴും വളരെ അബ്സ്ട്രാക്റ്റാണ് എന്ന് വെച്ചാൽ അമൂർത്തമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ദൈവത്തിന് കീഴടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ദൈവവചനത്തിന് കീഴടങ്ങും ദൈവത്തിന് കീഴടങ്ങി ശരിയാണ് പക്ഷേ ൈവവവചനത്തിന് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ എന്തോ ഒരു തകരാറുണ്ട് ചില ആളുകൾ പറയലേ ഞാനൊരു ദൈവത്തിന് ദൈവ ദൈവമാണ് എനിക്ക് ഒന്നാമത് ശരി അപ്പം തന്നെ ദൈവവചനത്തിൽ അങ്ങനെ കർത്താവുമായിട്ട് ഒരു ബന്ധത്തിൽ വന്നവൻ എന്ത് വേണം അവന് സ്നാനപ്പെടണമെന്ന് കാണുന്ന കാര്യം അതോ അപ്പോൾ അതിൽ ദൈവവചനത്തിന് അവരെ കീഴടങ്ങുന്നില്ല ചില എപ്പിസ്കോപ്പൽ സമങ്ങളിലൊക്കെ നിൽക്കുന്ന ചില ആളുകൾ അവർ പറയുകയില്ലേ ഞങ്ങള് ഞങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയാൽ നിങ്ങൾക്ക് ജീവിക്കുന്നു ഓക്കെ പക്ഷെ ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ എന്ത് വേണം ദൈവവചനത്തെ ആ നിലയിൽ അതിന് കീഴടങ്ങും ഒരു കല്പന കണ്ടാൽ അത് അനുസരിക്കണം അതനുസരിക്കാതെ ഞാൻ ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു ചതിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ടവര് ദൈവവചനം എന്ന് പറയുമ്പോൾ ആ ദൈവവചനത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് തുല്യമായ ഒരു സ്ഥാനം കൊടുക്കുന്നത് അതിന് അതിന് കാരണം എന്തെന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്താൽ ഉത്തേജിക്കപ്പെട്ടിട്ടുള്ള അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള വചനങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്താൽ ഉത്തേജിപ്പിക്കപ്പെടുക ഇന്ന് ഇതിപ്പോൾ ഈ നമ്മൾ സാധാരണ ചില പറയുമ്പോൾ അതിൻ്റെ മൂലഭാഷ മൂലഭാഷ എന്ന് പറയുമ്പോൾ പുതിയ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മൂലഭാഷ ഏതാണ് ഗ്രീക്കാണ് ഗ്രീക്കില് അതിന് തിയോന്യുറ്റോസ് എന്നോ മറ്റോ ഒരു പ്രയോഗമാവുള്ളത് എനിക്ക് ഗ്രീക്ക് അറിഞ്ഞുകൂടാ ഞാൻ എവിടെയോ വായിച്ചതാ തിയോ എന്ന് പറയുന്ന ദൈവത്താൽ ഉത്തേജിപ്പിക്കപ്പെട്ടതാണ് ദൈവോചനം എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദം അതാണ് ഭൂരി അതിൻ്റെ അകത്ത് രണ്ട് വാക്കുകളും ഒന്നെന്ന് പറയുന്നത് തിയോസ് എന്ന് പറയുന്ന വാക്കാണ് തിയോസ് എന്ന് പറഞ്ഞാൽ എന്താ ദൈവം ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവം തിയോസ് ദൈവം ന്യൂറ്റോസ് എന്നുള്ളതിൻ്റെ നിയോ എന്ന് പറയുന്നത് എന്താ അത് ശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത് ചുരുക്കത്തിൽ ദൈവത്താൽ ഉത്തേജിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ദൈവോജനമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലഭാഷയിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വിശ്വസിക്കപ്പെട്ട ദൈവത്താൽ തിയോസ് നിയോ ചെയ്തതാണ് ദൈവവചനം എന്ന് വെച്ചാൽ ദൈവവിശ്വാസീയമാണ് ദൈവത്തിൻ്റെ ഗോഡ് ബ്രത് ആണ് ദൈവവചനം എന്ന നിലയിലാണ് ദൈവവചനത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ദൈവത്തിന് തുല്യമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അതേ കാര്യങ്ങളാണ് ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവജനത്തിന് കീഴടങ്ങുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥത്തിലാണ് ദൈവനിശ്വാസിയോ ആണ് ഈ തിരുവെഴുത്തുകളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും വിചാരിക്കും രക്ഷയെക്കുറിച്ചും അങ്ങനെ മനുഷ്യൻ്റെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ഭാഗങ്ങളാണ് എന്ത് ദൈവനിശ്വാസിയും അല്ലാത്ത ഭാഗങ്ങളൊന്നും അത്രത്തോളം ദൈവനിശ്വാസ്യമല്ല എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്നാൽ അങ്ങനെയല്ല ഈ അറുപത്താറ് പുസ്തകങ്ങളുള്ള അറുപത്താറ് പുസ്തകങ്ങളുള്ള മുപ്പത്തൊമ്പത് പഴയ ദൈവ പുസ്തകങ്ങളും പുതിയ ദൈവ പുസ്തകങ്ങളും അടങ്ങുന്ന അറുപത്താറ് ഈ ബൈബിൾ അതെന്താണ് അത് മുഴുവനും ദൈവനിശ്വാസ്യമാണ് എന്ന് മാത്രമല്ല അതിലെ വാക്കുകൾ വാക്കുകൾ പോലും അത് ദൈവനിശ്വാസ്യമാണ് എന്നുള്ളത് കൊണ്ട് തെറ്റിക്കൂടാത്തതാണ് അപ്രമാദിത്വമുള്ളതാണ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പറയുമല്ലോ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയുമല്ലോ അത് ഒരു തെറ്റ അത് തെറ്റ മലയാളത്തിൽ വന്ന ഒരു തെറ്റ അങ്ങനെയല്ല എന്ന് പറയുമല്ലോ അപ്പം പിള്ളേർ പറയുന്നല്ലോ അത് തെറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയത് അവിടെ നിന്ന് അതെന്ത് ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന് ഇംഗ്ലീഷിൽ വന്ന് ഇംഗ്ലീഷിൽ നിന്നാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ട്രാൻസ്ലേഷനിൽ വന്ന് ചില തെറ്റുകൾ കാണാം അതിനെയാണ് നമ്മൾ പറയുന്നത് അത് ശരിയല്ല യഥാർത്ഥത്തിൽ അത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു എന്നാൽ ഈ പുതിയ ദൈവം അതിൻ്റെ മൂലാർത്ഥത്തിൽ മൂലഭാഷയിൽ അതിലുള്ള ഓരോ വാക്കും ഓരോ കാര്യവും എന്താണ് അപ്രമാദിത്വമുണ്ട് അതിനൊരു മാറ്റമില്ല അത് ശരിയാണ് ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഇതിലെ ഓരോ വാക്കും ഓരോ വരിയും ദൈവനിശ്വാസ്യമാണ് നമ്മൾ പലപ്പോഴും കരുതി പോകുന്നത് രക്ഷയെക്കുറിച്ചും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ദൈവനിശ്വാസ്യം അല്ലാത്തതൊന്നും അത്രത്തോളമല്ല കാര്യം ഇത് ഇത്രയോ നൂറ്റേണ്ടതുകൊണ്ട് എഴുതിയതാണ് അത് കഴിഞ്ഞ് ഈ ശാസ്ത്രം ഇത്രയും വന്നപ്പോൾ ചിലപ്പം അതിൻ്റെ അകത്തൊക്കെ തെറ്റു കാണുകയില്ലേ അങ്ങനെയല്ല നമ്മൾ യോഗിൻ്റെ പുസ്തകമാണല്ലോ ഇയോപിൻ്റെ പുസ്തകമാണല്ലോ ആദ്യത്തെ പുസ്തകമായിട്ട് കരുതുന്ന അത് അതിൽ ഒരു പ്രയോഗമുണ്ട് എന്താ ഭൂമിയെയും ഭൂമണ്ഡലത്തെ ഭൂമണ്ഡല ഒരൊറ്റ പ്രയോഗമാണ് ഈ ഭൂമി ഒരു ഉരുണ്ട ഒരു മണ്ഡലമാണെന്ന് കണ്ടുപിടിച്ചത് അടുത്തിടെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നാൽ അതിനും എത്രയോ നാൾ മുമ്പ് എഴുതിയ ബൈബിളിൽ എന്തുണ്ട് ഇത് ഭൂമണ്ഡലം അതൊരു ഗോളമാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കണ്ടോ ഈ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ളത് നമ്മുടെ രക്ഷയുമായിട്ട് വല്ല ബന്ധമുള്ളതാണ് രക്ഷയുമായിട്ട് ബന്ധമൊന്നുമുള്ളതല്ല നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധമുള്ളതല്ല പക്ഷേ ആ പ്രപഞ്ചത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ടുള്ളിടത്ത് ഒന്നും എന്തില്ല തെറ്റില്ല തെറ്റില്ല ഒരു തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇല്ല നമ്മൾ ഈ ബൈബിള് ആ നിലയിൽ ഒരു ഒരിക്കലും ഒരു ദൈവഭക്തനായ ഒരാളോട് ചോദിച്ചു ഇത് ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താ തെളിവെന്താന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാമോ ഉടനെ ആ ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞു ബൈബിൾ എന്ന് ശരിയാണ് ദൈവം ഉള്ളതുകൊണ്ടാണ് ഈ ബൈബിൾ ഇത്രയും വെല്ലുവിളികളെ നേരിട്ട് ഈ നിലയിൽ നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ചരിത്ര പുസ്തകങ്ങളുണ്ട് നെഹമ്യാവ് അല്ലെങ്കിൽ സ്തേർ ഇതൊക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട അപ്പുസ്തല പ്രവൃത്തി ഇതൊക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ചരിത്രകാരന്മാർ പിന്നീട് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ചരിത്രപരമായി തെറ്റായിരുന്നു എന്നൊരു കാര്യം പോലും തെളിയിച്ചിട്ടില്ല അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഇത് തെറ്റായിരുന്നു ഭൂമണ്ഡലം എന്ന് പറഞ്ഞു പക്ഷേ ഭൂമി പറഞ്ഞതാണല്ലോ എന്ന് ശാസ്ത്രം പിന്നീട് കണ്ടെത്തി അതുകൊണ്ടിത് തെറ്റാണ് അങ്ങനെയല്ല ബൈബിളിൽ പറഞ്ഞിട്ടുള്ള രക്ഷ സംബന്ധിച്ചും ആത്മീയ ജീവിതം സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബാക്കി ചരിത്രവുമായി ബന്ധപ്പെട്ടതും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടതും ആ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് തെറ്റില്ലാത്തതാണ് അങ്ങനെ തെറ്റില്ലാത്തതായിത്തീർന്നതിൻ്റെ കാര്യം എന്താ ഇത് ദൈവവിശ്വാസ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയായിരിക്കുന്നത് നമ്മൾ രണ്ട് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ കണ്ടോ ദൈവ വചനത്തിൻ്റെ ദൈവവചനത്തിൻ്റെ അതുല്യതയാണ് അവിടെ പറയുന്നത് രണ്ട് പത്ര ഓസ് തിരുവനന്തത്തിലെ പ്രവചനങ്ങളൊന്ന് സ്വയമായി ആ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല ആ എന്നാദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം ഒരാൾ ഈ കാര്യങ്ങളുമായിട്ടൊക്കെ അടുത്ത് വരുമ്പോൾ ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം എന്താ ദൈവം അറിഞ്ഞാൽ അതുപോലെ തന്നെ അറിയേണ്ടതാണ് ദൈവചനം എന്ന് പറയുന്നതും അതുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നാദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം വചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ആ മനുഷ്യർ പരിശുദ്ധാത്മാൻ വിയോഗം പ്രാപിച്ച് ആ നിലയിൽ സംസാരിച്ചത് രേഖപ്പെടുത്തിയതാണ് അല്ലാതെ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ പറഞ്ഞതല്ല ദൈവനിശ്വാസ്യമാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യത്തെ അവിടെ പറയുകയാണ് ചെയ്യുന്നത് മത്തായി ഒരു ദിവസം വിശേഷം അഞ്ചാമത്തെ പതിനെട്ടാമത്തെ വാക്യം നോക്കുക കർത്താവ് തന്നെ ഈ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് മത്തായി അഞ്ചിൻ്റെ പതിനെട്ട് ആ സത്യമായിട്ട് കർത്താവിന് സത്യമായിട്ടെന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടോ കർത്താവ് പറയുന്നതല്ല സത്യമാണോ എന്ന് നമുക്കറിയാം എന്നിട്ടും കർത്താവ് ഒരു എംബസ്എസിന് വേണ്ടി പറയുക സത്യമായിട്ട് ഞാൻ പറയുന്നു ആകാശഭൂമിയും ആ ആ വളരെ വ്യക്തതയോടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുക ലൂക്ലസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂക്കോസ് പതിനാറിന്റെ പതിനേഴ് എന്താ അവിടെ പറയുന്ന ന്യൂക്കോസ് പതിനാറ് പതിനേഴിലെ എളുപ്പം എളുപ്പം യോഹന്നെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ രണ്ട് ഒരു ഐഫണിട്ട് ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് വായിച്ച് നോക്ക് ആ തിരുവഴുത്തിനും നീക്കം വന്നുകൂടാ വരാൻ പാടില്ല എന്നാണ് ഇത് ആര് പറഞ്ഞതാ കർത്താവ് പറഞ്ഞതാ അപ്പൊ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ മൂന്നടത്ത് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് മൊത്തം ഏഴ് ശേഷം അഞ്ചാം അധ്യായം പതിനെട്ട് ലൂക്കോസ് പതിനാറ് പതിനേഴ് യോഹനാൻ പത്ത് മുപ്പത്തഞ്ച് ഇവിടെയൊക്കെ പറയുന്നു ഈ തിരുവഴുത്തിലെ വള്ളിയോ പുള്ളിയോ മാറിപ്പോവുകയില്ല ദൈവത്തിന് തുല്യമായിട്ടുള്ള സ്ഥാനം പോലെയാണ് ഒരിക്കലും മാറ്റമില്ല മാറ്റമില്ലാത്തവൻ ദൈവമാണ് അനന്യനായ ദൈവം ആ ദൈവവചനവും മാറ്റമില്ലാത്തതാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കർത്താവ് മാത്രം പറഞ്ഞിരിക്കുകയല്ല അപ്പോസ്തലന്മാരും ഈ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം വായിച്ച മൂന്ന് വാക്യങ്ങൾ സുവിശേഷങ്ങളിൽ മൂന്ന് സുവിശേഷങ്ങൾ മത്തായിലും ലൂക്കോസിലും യോഹന്നാനിലും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയതാണ് നമ്മൾ വായിച്ചത് എന്നാൽ കർത്താവിൻ്റെ കാലം കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാർ ഈ ദൈവവചനത്തിൻ്റെ വിശ്വസനീയത അതായത് അതെൻ്റെ മാറിക്കൂടായ്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് തീമത്തി ദിവസ് മൂന്നിന്റെ പതിനാറ് വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണല്ലോ രണ്ട് തീമത്തിയോസ് മൂന്നിന്റെ പതിനാറ് അപ്പോ പൗലോസ് തീമത്തിയോസിന് ലേഖനം എഴുതുമ്പോ പൗലോസ് ദേവോധനത്തെ കുറിച്ച് അവിടെ എന്താ പറയുന്നത് രണ്ട് തീമത്തിയോസ് മൂന്നിന്റെ ഓർക്കാൻ എളുപ്പമാണ് എല്ലാ തിരുവെഴുത്തും നമ്മൾ കണ്ടോ മുമ്പേ പറഞ്ഞ തിയോസ് നിയോർ നിയോസ്റ്റോസ് എന്ന് പറഞ്ഞ ആ പ്രയോഗം ദൈവനിശ്വാസ്യമാണ് ദൈവത്തിന്റെ ശ്വാസമേറ്റതാണ് എല്ലാ തെരുവിഴുത്തും ദൈവനിശ്വാസ്യമാകിയാൽ ആ ആ കണ്ടോ അപ്പൊ ഒരുക്കൻ അത് തികഞ്ഞവനാകാൻ എന്തു വേണം ഈ ദൈവവചനത്തെ വന്ന നിലയില് സ്വീകരിക്കണം കാര്യം എന്ന് അപ്പോസനായ പൗലോസ് അവിടെ എടുത്തു പറയുക രണ്ട് പത്രോസ് ഒന്നിന്റെ ഇരുപതിന് ഇരുപത്തി ഒന്നില് പത്രോസ് ഇത് പറഞ്ഞത് നമ്മൾ മുമ്പേ വായിച്ചു എന്താ എന്താ കണ്ടുകൊള്ളണം ഇതൊന്നും ഇതൊന്നും എങ്ങനെ വന്നതല്ല വെറുതെ പത്രോസ് അവിടെ പറഞ്ഞത് നമ്മൾ മുമ്പേ കണ്ടു പത്രോസ് പറഞ്ഞേ കണ്ടു അപ്പൊ പത്രോസ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് പൗലോസ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് ദൈവത്താൽ ദൈവവിശ്വസനീയമായ ഇതാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിതൊക്കെ ദൈവവചനം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം നമ്മൾ ചില എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെയുള്ള ചില പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ട് പക്ഷേ ദൈവവചനത്തിലുള്ള കല്പനകൾ നിങ്ങൾ സ്നാനപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പൗരോഹിത്യത്തിന് കീഴടങ്ങാതെ ഈ നിലയിൽ ദൈവത്താൽ ഒന്നാം നൂറ്റാമ്പിലൊക്കെ ഉള്ള പോലുള്ളൊരു സഫലയിൽ അംഗമാകുന്ന കാര്യം ഇതൊക്കെ പറയൂ അവർ അവർ പറയും ഞങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ അവരോട് പറയേണ്ടത് എന്താ ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവവചനവും ആ നിലയിലാണ് ദൈവവചനത്തിലാണ് ഏ വിശ്വസിക്കുകയും സ്നാനം കേൾക്കുകയും ചെയ്യുന്നത് രക്ഷിക്കപ്പെടും മർക്കോസ് പതിനാറ് പതിനാറ് ഈ വാക്യം ഇത് ദൈവജനത്തിലുള്ള ഒരു വാക്യമല്ലേ ഇതനുസരിച്ച് താങ്കൾ സ്നേഹപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല ആ അപ്പം പറയുക അത് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ബൈബിള് അങ്ങനെ ഉള്ളതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉടനെ നമുക്ക് പറയാം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഇതാ മൂന്ന് വാക്യങ്ങൾ മത്തായിലും യൂക്കോസില് യോഹനാനിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞ മൂന്ന് വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അപ്പോസലായ പൗലോസ് പറഞ്ഞിട്ടുണ്ട് പൗലോസിനെ നിങ്ങൾക്ക് വലിയ വിശ്വാസം ഇല്ലെങ്കിൽ പത്രോസ് നോക്കിയിട്ടുണ്ട് പത്രോസിനെ പിടിച്ച് ആണയിട്ടാണല്ലോ ഈ എപ്പിസ്കോപ്പ് സഭകളെല്ലാം അവരുടെ സഭയുടെ മൂലക്കല്ലായിട്ട് പത്രോസിനെ കുറിച്ചാണല്ലോ പറയുന്നത് പത്രോസ് ഇതാ രണ്ട് പത്രോസ് ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് നമ്മളത് മുമ്പേ വായിച്ചതാണ് ഒന്നിന്റെ ഇരുപത് ഇരുപത്തി ഒന്നില് നമ്മള് കാണുന്നത് തിരുവനുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ് പത്ര ദിവസം അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക ഒരു സംശയത്തിനിടയില്ലാതെ കൊണ്ട് പറഞ്ഞിരിക്കുന്നു അപ്പം കർത്താവുകൾ സാക്ഷ്യപ്പെടുത്തി പൗലോസ് സാക്ഷ്യപ്പെടുത്തി പത്രോസ് സാക്ഷ്യപ്പെടുത്തി പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആ വാക്യങ്ങളെല്ലാം എടുത്താൽ വായിക്കുന്നില്ല പ്രിയപ്പെട്ടവര് ഇങ്ങനെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അപ്പം ചിലർ പറയും ദൈവവചനം അങ്ങനെ പറഞ്ഞിരിക്കുന്ന പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മളെ കണ്ടോ നമ്മളിവിടെ ഇവിടെ ഇപ്പൊ വായിച്ചെടുത്ത് രണ്ട് പത്രോസ് ഒന്നിൻ്റെ പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുത്താഴ്ന്ന യോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്ര മനുഷ്യര് സംസാരിച്ചതാണ് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞത് എന്താ നമ്മൾ ഈ നമ്മുടെ കയ്യിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഈ മലയാളം ബൈബിള് പല പല ലാംഗ്വേജുകളിൽ നിന്നും മാറി മാറിയാണ് വന്നിട്ട് ഉള്ളത് എന്നാൽ ഇതിൻ്റെ മൂലഭാഷ ഗ്രീക്കിൽ ഇതെഴുതിയിട്ടുള്ളത് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് അഫോസലിൻ്റെ പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ എന്താണ് താരതമ്യേന വളരെ വളരെ ഗൗരവമുള്ളതും എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെ ഭാഷാ പ്രയോഗങ്ങളും അതിൻ്റെ അകത്തെ ചില കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് അതിൻ്റെ അകത്തെ വലിയ ഗഹനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്നാൽ പത്രോസ് പറഞ്ഞേക്കുന്നതും പത്രോസും നല്ല കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ പത്രോസിൻ്റെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ താരതമ്യേനെ കുറച്ചുകൂടെ ഗ്രാമ്യമാണ് കുറച്ചുകൂടെ ഇവിടെ തന്നെയൊക്കെ ചില സൗകര്യമാര് ചില സൗകര്യമാർ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു ഐഹിക ലോക ജീവിതകാലത്ത് എന്നോ ഏതാണ്ട് പറഞ്ഞപ്പോൾ ഒരു സൗകര്യം കൂടി പോയി പ്രതി ഐഹിക ജീവിതമല്ലോ കാലം ഞാൻ പറഞ്ഞു എൻ്റെ പൊതുവെ അവരാണ് ജീവിക്കുന്ന ജീവിതം എന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ചില സഹോദരൻ വരെ നിന്ന് പ്രസവിക്കില്ല ഐഹികൽ ജീവിതകാലത്ത് എന്നൊക്കെ പറ ചില അപ്പം ആ സഹോദരൻ അങ്ങനെ പറയും വേറൊരു പാവപ്പെട്ട സഹോദരൻ അദ്ദേഹം എന്താ പറയുന്നു നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് പറയും പൗലോസിന്റെ പ്രസംഗങ്ങൾ എന്തായിരുന്നു പൗലോസിന്റെ ലേഖനങ്ങൾ എങ്ങനെയായിരുന്നു ഐഹീകൽ ലോക ജീവിതകാലം പോലെ ആയിരിക്കും പത്രോസിൻ്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ കാണുന്ന എന്ന് പറയുന്ന പോലത്തെ അങ്ങനെ കുറച്ചുകൂടെ സിമ്പിളായ ലാംഗ്വേജായിരുന്നു അപ്പൊ ഇത് മുഴുവൻ പരിശുദ്ധാത്മാവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് മുഴുവൻ ദൈവം തന്നെ എഴുതുകയെന്ന് പറയുമ്പോൾ ഈ വ്യത്യാസം എന്താ ആ വ്യത്യാസത്തെ അതാണ് നമ്മൾ ഇവിടെ ഇപ്പൊ വായിച്ചത് എന്താ ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് രേഖപ്പെടുത്തത് അല്ലെ ദൈവത്തിന്റെ ശ്വാസമേറ്റതാണെന്ന് പറയുമ്പം തന്നെ മനുഷ്യനാണ് എന്തു ചെയ്യുന്നത് മനുഷ്യനാണ് എഴുതിയത് ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ടല്ല ദൈവമോ പരിശുദ്ധാത്മാവോ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ആ മനുഷ്യന്റെ ആ അവന്റെ കഴിവ് അവന്റെ പ്രത്യേകതകൾ അത് അതിൻ്റെ ഒരു മുദ്ര ഈ പ്രയോഗങ്ങളിലും ഭാഷാ പ്രയോഗങ്ങളിലും ഒക്കെ കിടപ്പുണ്ടെങ്കിലും ഇതിന്റെ ആശയബലത്തിൽ അതിനെന്താ അതെന്താ അത് മുഴുവൻ ദൈവത്താൽ തന്നെ വന്ന കാര്യം നമ്മളിവിടെ ഏർ പത്ര ദിവസന്റെ ലേഖനത്തില് നമ്മളിപ്പോ വായിച്ചത് രണ്ടു പത്ര ദിവസമാണല്ലോ രണ്ട് പത്ര ദിവസം നിങ്ങൾ കണ്ടോ രണ്ട് പത്ര ദിവസം ഒടുവിലത്തെ മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായത്തില് അതിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഒന്ന് അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസു തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട് അറിവില്ലാത്തവരും അസ്ത്രന്മാരുമായവർ ശേഷം തിരുവോത്തുകളെ പോയി അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയും പത്രോസ് എന്താ ഇവിടെ പറയുന്നു നമ്മളിപ്പോ പറഞ്ഞത് പത്രോസിന് അറിയാമായിരുന്നു പത്രോസ് പറയുക പ്രിയപ്പെട്ടവര് ഞാനിങ്ങനെ ഈ കാണുന്നൊക്കെ പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് പറയുന്നെങ്കിലും പൗലൂസ് എന്താണ് പൗലൂസ് പൗലൂസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് ഒത്തമണം പൗലൂസ് അന്നത്തെ ഒരു ജ്ഞാനിയായ ആളായിരുന്നു നമുക്കറിയാമല്ലോ അദ്ദേഹം ഗമാലിയലിന്റെ പാതപീഠത്തിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ പഠിച്ച ആളാണ് തർസൂസിൽ ഒരു ഒരു കപ്പൽ ബന്ധപ്പെട്ട ബിസിനസ്സുകാരൻ്റെ മോനായിരുന്നു ആ പണിക്ക് ഒക്കെ പോയി വെല്ലുവിളി പത്ത് പൈസ ഉണ്ടാക്കുന്ന പരിപാടിക്ക് പോകേണ്ടതിന് വേണ്ടി പൗലോസിന് ചെറുപ്പത്തിൽ തന്നെ എന്തുണ്ടായി പൗലോസ് അതെല്ലാം വിട്ടേച്ച് ഇതിൻ്റെ അകത്ത് തിരുവരുത്തുകളെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിനായിട്ട് താൻ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു താൻ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ പഠിച്ചും പഠിച്ചും അങ്ങനെ വന്ന് ഗമാലിയലിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരാൾ ഒരു ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരാൾക്ക് തുല്യമായ ഒരു സ്ഥാനമാണ് അത്രേ പൗലോസനുള്ളത് എടുത്ത ഒരാള് പ്രസംഗിക്കുമ്പോൾ അയാൾ എന്തോ പറയും അയാള് എന്തോ നമ്മൾ പറഞ്ഞ ലൈഹീകാലോ ജീവിതകാലം ഒക്കെ വരും അപ്പോ ആ മ അങ്ങനെ അങ്ങനെ ആ പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസൺ കണ്ടോ പത്രോസിനും പൈലോസിനോടൊരു അസൂയൊന്നുമില്ല നമ്മളിതൊക്കെ നിങ്ങളിതൊക്കെ നമ്മളിതൊക്കെ വായിച്ച് മനസ്സിലാക്കണം നമ്മൾ എന്നുമായിരുന്നു പത്രോസിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ പത്രോസ് പത്രോസ് എന്താ യേശുവിൻ്റെ കൂടെ നടന്ന് കഷ്ടപ്പെട്ട് യേശുവിൻ്റെ യേശു സാത്താനെ എന്നെ വിട്ടു എന്നുള്ള കഠിനമായ വാക്കുകളൊക്കെ കേട്ട് കർത്താവിന് വേണ്ടി ഏതെല്ലാം നിലയിലായ ഒരു മനുഷ്യൻ അങ്ങനെയുള്ള പത്രോസ് ഇതെല്ലാം അനുഭവിച്ച് മൂന്നര വർഷം കർത്താവിനോട് കൂടെ നടന്ന് രാവും പകലും ഏ ആ സീനിയോറിറ്റി ഉള്ള ഒരാൾ ആ സീനിയോറിറ്റി ഉള്ള കർത്താവിൻ്റെ വിനേയദാസൻ പത്രോസോട് ഇരിക്കെ ഇന്നലെ തന്നെ മഴയ്ക്ക് കുരുത്ത തകര പോലെടുത്താൽ ഉണ്ടട കയറി വരുന്നു ആരെ പൗലോസ് പൗലോസ് കർത്താവ് ഉള്ളപ്പോൾ കർത്താവിൻ്റെ കൂടെ ഒന്നും കണ്ടിട്ടുള്ള ആളൊന്നുമല്ല അത് കഴിഞ്ഞ് എങ്ങാണ്ട് പോയപ്പോൾ കുതിരപ്പുറത്ത് വെച്ച് ഒരു ദർശനം ഉണ്ടായെന്നും പറഞ്ഞ് ഒരു കൻ കയറി വരിക എന്നിട്ട് പുള്ളി എന്ത് പറയുക ലേഖനങ്ങളും എല്ലാം എഴുതി നമ്മൾ പാവം പത്രോസ് കഷ്ടപ്പെട്ട് രണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളൂ ഈ പുള്ളിയുള്ള ലേഖനങ്ങളും എല്ലാം എഴുതി ഏ നമ്മള് വലിയ ഒരാടായി വരിക ഏ ആ സ്ഥാപിച്ച എല്ലാവരും ആദ്യം അംഗീകാരം കിട്ടുക നമ്മളാണ് പത്രോസിൻ്റെ സ്ഥാനത്തെങ്കിലും നമ്മൾ ഇതുപോലെ എഴുതും എന്താണ് എഴുതിയേക്കുന്നത് നമ്മൾ ഇവിടെന്തോ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് നമ്മുടെ പ്രിയ സഹോദരൻ പെട്ടവര് നമ്മൾ ഒത്തിരി വിനയപ്പെടാനുണ്ട് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് അദ്ദേഹത്തിന് ലഭിച്ച ആ ജ്ഞാനത്തെ ഒട്ടും കുറച്ചൊന്നുമല്ലേ പറഞ്ഞേക്കുന്നത് ആ ചില സഹോദരന്മാർക്ക് ലോകജ്ഞാനമൊക്കെ ഉണ്ട് അതിൻ്റെ ഫലമായിട്ട് ചിലവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും എന്നെ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് യഥാർത്ഥം നടത്തിപ്പുള്ള പണ്ട് മുതലേ ഉള്ള കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്നും എന്നെ പൗർത്തോസ് എഴുതിയിരിക്കുന്നു പൗരസിനെക്കുറിച്ച് പറയുക നമ്മുടെ പ്രിയ സഹോദരൻ നമ്മൾ നിന്ന് ആളുകളെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല നമ്മളിൽ നിന്ന് വ്യത്യസ്തര ബാക്കിയുള്ള ആളുകൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ മറുദ്ശം പറയുന്ന ആളുകളാണ് നമുക്ക് നല്ലത് നമ്മൾ ഇതിൻ്റെ ഈ ഈ പത്ര ദിവസം കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് നോക്കുക പ്രിയസവർ തനിക്ക് ലഭിച്ച ഞാനത്തിനൊത്തവണ്ണം എഴുതിയിട്ടുണ്ടല്ലോ അത് ഗ്രഹിപ്പൻ പ്രയാസമുള്ള ചിലതുണ്ട് ഗ്രഹിപ്പൻ കാര്യം എന്തായ നവജീവകാലം പോലൊക്കെ എഴുതിയേക്ക് ഏ ലേഖനം നമ്മൾ വായിച്ചു നോക്കുക അത് സത്യത്തിൽ എത്ര എത്ര അത് വളരെ കൃത്യതയോടെയാണ് എഴുതിയിട്ടുള്ളത് ഓരോ അധ്യായങ്ങളും എഴുതിയിട്ട് ആർഗ്യുമെൻ്റ് എത്ര വ്യക്തതയോടെയാണ് ഒരു ഒരിടത്തു നിന്നൊരാൾ വാദിക്കുന്നത് പോലെ വളരെ വ്യക്തതയോ പൗലഹോസിന് മാത്രമേ അങ്ങനെയൊക്കെ എഴുതാനൊക്കു ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ദൈവവചനം ഓരോരുത്തർ എഴുതിയെങ്കിലും അവരുടെ വ്യക്തിത്വത്തെ അവരുടെ ഇൻഡിവിഡ്വാലിറ്റിയെ ഇല്ലാതാക്കിക്കൊണ്ടല്ല പരിശുദ്ധാത്മാവ് ഇത് മുഴുവൻ ദൈവവിശ്വാസ്യം ആക്കിത്തീർത്തത് പൗലോസിനെ തൻ്റെ ചില മേഖലകളിൽ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എനിക്കങ്ങനെ തോന്നുന്നു അയ്യോ നമ്മൾ വിചാരിക്കുന്ന എടാ പരിശുദ്ധാത്മാവ് എഴുതിയെന്ന് പറഞ്ഞിട്ടാണ്ട് പൗലോസന്റെ ചില തോന്നലും ഒക്കെ അത് ഇതാണ് അവരുടെ അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ടല്ല ഈ നിലയിൽ പര പരിശുദ്ധാത്മാവ് ഇത് ദൈവനിശ്വാസ്യമാക്കി തീർത് അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ട് എന്താ നമ്മൾ ഒന്നാമത് ദൈവത്തിന് കീഴടങ്ങണം രണ്ടാമത് അതിനുടെ ഭാഗമായിട്ട് ദൈവവചനത്തിനും കീഴടങ്ങണം ദൈവവചനം അത് പ്രധാനപ്പെട്ടതാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കാം അതിൻ്റെ അകത്തെ ഓരോ വാക്യവും എന്തിനെ പറയുന്നത് തിരുവെഴുത്തിനെ പറയുന്നത് തിരുവെഴുത്ത് ഏറ്റവും നീളമുള്ള സങ്കീർത്തനമാണല്ലോ നൂറ്റി പത്തൊമ്പതോ അതിൻ്റെ അകത്ത് മുഴുവൻ ഓരോ വാക്യവും ഈ വചനത്തെക്കുറിച്ച് വചനത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ദൈവചനം ദൈവചനം ദൈവചനം എന്ന് ഈ പറയുന്നു കാരണം അത് ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിനും കീഴടങ്ങണം ദൈവചനത്തിന് കീഴടങ്ങാതെ പറ്റുകയില്ല അതുപോലെ തന്നെ ദൈവത്തിന് കീഴടങ്ങി ഒന്നാമതുകൾ പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങുന്നു ദൈവവചനത്തിന് കീഴടങ്ങും ദൈവവചനത്തിനും കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്താ വേണം ദൈവസഭയ്ക്ക് കീഴടങ്ങും ദൈവസഭ ഈ നമ്മളായിരിക്കുന്ന ദൈവസഭ ഈ തന്നാണോ നമ്മളായിരിക്കേണ്ടത് ദൈവസഭയ്ക്ക് കീഴടങ്ങ് അതിനെക്കുറിച്ച് അല്പം പറയേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവര് ദൈവസഭയ്ക്ക് കീഴടങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊക്കെ ദൈവസഭ എന്ന് പറഞ്ഞാൽ ചിലതിൻ്റെ അകത്തല്ലയോ നിന്നത് എന്നാൽ അവിടുന്ന് കീഴടങ്ങാതല്ലയോ നമ്മൾ അവിടെ ഒക്കെ വിട്ടി പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് കീഴടങ്ങുകയും ദൈവസഭയ്ക്ക് കീഴടങ്ങണം എന്നുള്ളത് നമ്മൾ പാലിച്ചിട്ടില്ലല്ലോ അങ്ങനെ തന്നെ ദൈവസഭയ്ക്ക് കീഴടങ്ങണമെന്ന് പറയുമ്പോൾ തന്നെ പ്രൊവൈഡൻ ആ ദൈവസഭ ദൈവത്തിന് ദൈവവചനത്തിനും കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ദൈവസഭയ്ക്ക് കീഴടങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മളായിരുന്ന സഭകളിൽ കുറച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോ നമ്മൾ മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്യുന്നില്ല ദൈവത്തിന് വേണ്ടതുപോലെ കീഴടങ്ങിയിട്ടില്ല അല്ലെ ദൈവവചനത്തിന് കീഴടങ്ങിയിട്ടില്ല അവരവരുടെ മാനുഷികമായ കുറച്ച് ആചാരങ്ങളും അവരുടെ കുറച്ച് ആ നിലയിലുള്ള പാരമ്പര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താണ് കൊണ്ടുനടക്കുന്നത് എന്ന് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ സഭ എന്തല്ല ഈ സഭ ദൈവത്തിനും ദൈവോജനത്തിനും പ്രോപ്പറായിട്ട് കീഴടങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ആ സഭകള് വിട്ടുപോകുന്നത് ഇന്ന് നമ്മളൊരു സഭയിലായിരിക്കുന്നു സി എം സി എന്ന് പറഞ്ഞൊരു സഭയിലായിരിക്കും ഈ സഭയ്ക്കാണോ കീഴടങ്ങേണ്ടത് എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കേണ്ടത് നമ്മൾ ആയിരിക്കുന്ന ഒരു പ്രാദേശിക സഭയ്ക്ക് കീഴടങ്ങുന്നു പ്രൊവൈഡ് അത് ദൈവത്തിനും ദൈവവചനത്തിനും കീഴടങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവസഭയ്ക്ക് കീഴടങ്ങുന്നത് നാളെ ഈ സഭ ദൈവത്തിൻ്റെ അധികാരത്തിനും ദൈവഹിത പ്രകാരമുള്ളവര് സഭയിലേക്ക് പോണം ഞാനിത് കണ്ട ഞാൻ എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞുതന്നെ പോകുന്ന മനസ്സിലായത് ദൈവസഭ ദൈവസഭയ്ക്ക് ഒരാൾ കീഴടങ്ങണം പ്രൊവൈഡർ ആ സഭ ദൈവത്തിനും ദൈവവചനത്തിനും കീഴടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് കീഴടങ്ങുന്നത് ഞാനിത് പറഞ്ഞത് നമ്മൾ പറഞ്ഞ ആ വാക്യത്തിന് ഒരു പ്രസക്തിയുണ്ട് എബ്രാർ രീതി ലേഖനം പതിമൂന്നാം അതിന്റെ പതിനേഴാം വാക്യം ഒരു വാക്യമേ നമ്മൾ ഇന്ന് ചിന്തിച്ചുള്ളൊ അതിൻ്റെ അകത്ത് പറയുന്നു നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും അപ്പോ ഇവിടെ ഈ ആളുകൾ ഒന്ന് ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ട് രണ്ട് ദൈവവചനത്തിന് കീഴടങ്ങിയിട്ടുണ്ട് മൂന്ന് ദൈവസഭയ്ക്ക് കീഴടങ്ങിയിട്ടുണ്ട് ദൈവസഭയ്ക്ക് കീഴടങ്ങിയിട്ടുള്ള ഒരുവൻ ആ സഭയിലാക്കി വച്ചിട്ടുള്ള അധികാരങ്ങൾക്കും കീഴടങ്ങണം അധികാരങ്ങൾക്കും കീഴടങ്ങണം എന്നാൽ അവിടെ ഈ ദൈവസഭയിലെ അധികാരത്തിന് കീഴടങ്ങേണ്ടത് എപ്പോഴാണ് ആ അധികാരങ്ങള് ഈ പറഞ്ഞ പോലെ ദൈവത്തിനും ദൈവവചനത്തിനും കീഴടങ്ങുന്നു അടങ്ങുന്ന ആ ഒരു ഘട്ടത്തോളമാണ് നമ്മളതിനെ കീഴടങ്ങുന്നത് ഞാൻ പറഞ്ഞു വന്നത് വ്യക്തമായോ ആനുപാതികമാണിത് ഇത് ദൈവത്തിന് ദൈവവചനത്തിന് ദൈവസഭയ്ക്ക് ദൈവഹിതപ്രകാരമുള്ള ഒരു ദൈവസഭയ്ക്ക് ആ ദൈവഹിതപ്രകാരമുള്ള ദൈവസഭയിലെ ആക്കി വച്ചിട്ടുള്ള അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം എന്നാൽ എപ്പോൾ ഈ ദൈവസഭയിൽ നിന്ന് പേർ വിളിക്കപ്പെട്ടത് ദൈവസഭ അല്ലാതെ വേറെ ഓരോ മാനുഷികമായ ആചാരങ്ങളുടെ ഇതിൻ്റെ ഒക്കെ പുറകെ പോയാൽ നമ്മൾ എന്താ അന്നേരം കീഴടങ്ങിയിരിക്കണോ കീഴടങ്ങിയിരിക്കണോന്നല്ല പറയുന്നത് ആ അങ്ങനെ അങ്ങനെ തൻ്റെതായ നിലയിൽ പോകുന്ന അവിടെയുള്ള ഒരു അധികാരത്തിന് നമ്മൾ കീഴടങ്ങിയിരിക്കണോ കീഴടങ്ങിയിരിക്കേണ്ടതായിട്ടില്ല അപ്പൊ കണ്ടോ നിങ്ങൾ ഇവര് കീഴടങ്ങിയിരിക്കണം നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി എന്നൊരു കാര്യത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞത് വ്യക്തമായോ നമ്മള് കീഴടങ്ങിയിരിക്കണമെന്ന് പറയുന്നത് ആ ആ കീഴടക്കം ദൈവത്തോട് ദൈവവചനത്തോട് യഥാർത്ഥ ദൈവസഭയോട് ആ ദൈവസഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങളോട് കീഴടങ്ങി തന്നെ നമ്മൾ പോകണം അങ്ങനെ ഒരു കീഴടക്കമില്ലാതെ ഞാന് ദൈവത്തിന്റെ ദാസന എന്ന് പറഞ്ഞു പോയാൽ അതിൻ്റെ അകത്ത് എവിടെയോ ഒരു തകരാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള ദൈവസഭയല്ലെങ്കിൽ ആ സഭ വിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ പോവുകയും വേണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഈ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ ആ അധികാരങ്ങൾ ദൈവത്തിനും ദൈവജനത്തിനും കീഴടങ്ങിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന് കീഴടങ്ങിയിരിക്കുന്നത് നാളിപ്പോൾ ഇവിടെയുള്ള ഒരു അധികാരം ഇതെല്ലാം വിട്ട് പുള്ളി വേറൊരു മട്ടിലങ്ങ് പോവുകയാണെങ്കിൽ എന്താ അത് ശരിയായ ഒരു കാര്യമല്ല നമ്മൾ അതിന് കീഴടങ്ങേണ്ടതായിട്ടില്ല ഞാനിത് പറയുമ്പോൾ ഇവിടെ ഈ പ്രാദേശിക സമയത്ത് തന്നെ അവിടെ അധികാരങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവർ അവരുടേതായ നിലപാടുകളിലും മുന്നോട്ട് പോയി പോയപ്പോൾ നമ്മൾ ആ യു ശ്രീദാസനാണല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെയാണോ പോകേണ്ടത് അല്ല ദൈവജനം നമുക്ക് തന്ന ബോധ്യത്തിൽ ആ ദൈവ ദൈവത്തോടും ദൈവോചനത്തോടും നമുക്ക് കിട്ടിയ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ദൈവ സഭയായിരിക്കുന്നിടത്തോളം കാലം അവര് ആ ദൈവോചനത്തോടും ആ ദൈവത്താൽ ആക്കി വെക്കപ്പെട്ട അധികാരങ്ങൾക്കും അവരും കീഴടങ്ങിയിരിക്കുന്നിടത്തോളം കാലമേ നമുക്ക് എന്ത് എന്തുള്ളൂ അവർക്ക് കീഴടങ്ങിയിരിക്കേണ്ടതായിട്ടുള്ളൂ ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഇത്തിരി കാര്യങ്ങൾ പറയുന്നല്ലോ അതുകൊണ്ട് നോക്കി ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി കണ്ടോ അതിൻ്റെ കൂടെ പറയുന്നു അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ കണക്ക് കൊടുക്കേണ്ടവരാണ് അതുകൊണ്ട് അവർ ജാഗരിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മളേ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാനിട വരുത്തുകയും സന്തോഷത്തോടെ നമ്മളെ ഓർക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അല്ലാതെ ഒരു ഞരക്കമല്ല ഞരക്കത്തോടെ അവർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നന്നല്ല കണ്ടു ഇബ്രാഹിം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചെല്ലുമുണ്ട് ഒരു കൊത്തുവാക്യമാണ് പക്ഷെ അത് ഇത്ര ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വച്ചിരിക്കുന്നു നമ്മൾ കീഴടങ്ങണം നമ്മളെങ്ങനെയാ അവർക്ക് നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഞരക്കമില്ലാതിരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മൾ നമ്മൾ ഹൃദയപൂർവം കീഴടങ്ങണം കീഴടക്കണം കീഴടക്കം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സബ്ജക്റ്റാണ് നമ്മൾ എങ്ങനെയാണ് അധികാരങ്ങൾക്ക് കീഴടങ്ങേണ്ടത് അധികാരങ്ങൾക്ക് കീഴടങ്ങേണ്ടത് ഹൃദയപൂർവമാണ് കീഴടങ്ങേണ്ടത് അതിന് പകരം നമ്മൾ ചില മത്സരങ്ങളുണ്ടെങ്കിൽ എന്ത് വരും നമ്മൾ പറയുന്നതൊക്കെ ചെയ്യും പക്ഷേ എന്താ ഞാനെപ്പോഴും ഒരു കഥ പറഞ്ഞിട്ടില്ലേ ഒരു കുഞ്ഞിനോട് പറഞ്ഞു ഇടാ മോനെ ഇരിയടാ അവിടെ നിന്നോ അവനിരുന്നില്ല അപ്പൻ ഉടനെ ചൂടെ ശബ്ദം എടുത്ത് ഇരിയടാ അവിടെയല്ല ഉടനെ അവൻ ഇരുന്നു ഇരുന്നേറ്റ് അവൻ പറഞ്ഞു ഞാൻ ഇരുന്നെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമോന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ കീഴടങ്ങിയിട്ടുള്ള ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തുണ്ട് സന്തോഷമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കീഴടങ്ങാതെ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് എന്നാൽ ഫലത്തിൽ കാണാവുന്ന തലത്തിൽ കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് എന്താ ഉള്ളത് ഒരു ഞരക്കമാണ് അങ്ങനെ ഞരങ്ങാൻ നമ്മളെ കുറിച്ച് അവർക്ക് ഇട കൊടുക്കുന്നത് നമുക്ക് നന്നല്ല എന്നാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമുക്ക് കേട്ടവാക്യങ്ങളോടൊക്കെയുള്ള വരണത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷന് അവസാനിപ്പിക്കാം അങ്ങനെയാകുമ്പോൾ നമ്മളെ ആക്രമിക്കാം സന്തോഷത്തോടെ നമ്മളെ